ത്മഭാവനൃത്യൻ അരുണാചലോ അപ്രോക്ഷ്യമായധനം കൊണ്ട് ആത്മസാക്ഷാത്കാരമുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യജനകമായ ഒരു പ്രഖ്യാപനം നമ്മൾ സാധാരണ ലോകത്തിലെ എല്ലാ വിഷയവും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് നേടുക യു ഡൂ സംതിങ് യു അച്ചീവ് സംതിങ് അതുകൊണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരു സംസ്കാരം കിടപ്പുണ്ട് പ്രവർത്തിച്ചാൽ കിട്ടും പ്രവർത്തിക്കുക നേടിയെടുക്കുക അതുകൊണ്ട് തന്നെ അധ്യാത്മികമായി ഒരു സത്സംഗം കഴിയുമ്പോഴും സഹജമായി ആളുകൾക്ക് ഒരു ചോദ്യം ഉണ്ടാവുന്നത് ഇത് എങ്ങനെ സാധിക്കും എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുമ്പോ തന്നെ ഞാൻ എന്ത് ചെയ്യണം എന്താണ് അതിന് ടെക്നിക്ക് എനിക്കത് നേടിയെടുക്കണം ഇതൊക്കെ അതിന് പുറകിലുണ്ട് എത്രയോ കാലമായി ജന്മമായി പ്രവർത്തിക്കുകയും നേടിയെടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടുള്ള ഒരു സംസ്കാരം നമ്മളുടെ ഉള്ളിൽ കിടക്കണ്ട് ആ സംസ്കാരവശാത് ആണ് ഈ ചോദ്യം ഉണ്ടാവുന്നത് ആ സംസ്കാരമുള്ളവരെയാണ് ഋഷികൾ കൃപണന്മാരെന്ന് വിളിക്കുന്നത് കൂലിപ്പണിക്കാരാണ് അവർ ചെയ്യുകയും നേടിയെടുക്കുകയും ചെയ്യുക ഇതേ പ്രക്രിയയെ നമ്മള് ലോകത്തിൽ ഉപയോഗിച്ച അതേ പ്രോസസ് അതേ പ്രക്രിയയെ നമ്മള് അധ്യാത്മ ജീവിതത്തിലും ആണ് തികച്ചും പരാജയപ്പെട്ടു പോണത് ഇവിടെ ചെയ്യാനും നേടിയെടുക്കാനും ഉള്ളതല്ല ഒരു സാധന കൊണ്ടും ആത്മാ സാക്ഷാത്കരിക്കേണ്ട വസ്തുവല്ല കഴുത്തിൽ കിടക്കുന്ന മാല കാണാനില്ല എന്ന് അന്വേഷിക്കുന്ന ഒരാൾക്ക് ആ മാല കൊണ്ടു ആവശ്യമില്ല കാണിച്ചു കൊടുത്താൽ മതി ഇതാ ഉണ്ട് കണ്ടു റെക്കഗ്നീഷൻ റീ കോഗ്നീഷൻ കോഗ്നീഷൻ ഓൾറെഡി ദർ യു റീ കോഗ്നൈസ് ഇട്ട് പ്രത്യഭിജ്ഞ ാണ് ഉപനിഷത്ത് പ്രതിരോധത്തിലും മൊമെന്റ് ബൈ മൊമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി എക്സ്പീരിയൻസ് ഇസ് തെയർ അവേർനെസ് ഇസ് തേർഡ് റെക്കഗ്നൈസ് ഇറ്റ് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ദൗർബല്യം മാത്രമേ നമുക്കുള്ളൂ കഴുത്തിലും വാലമുണ്ട് അല്ലെങ്കിൽ മൂക്കത്ത് കണ്ണാടി ഉണ്ട് കണ്ണാടി കാണാനില്ല മൂക്കത്ത് വെച്ചുകൊണ്ട് തരീലേ കണ്ണാടി കൊണ്ട് തന്നെ തരയും അത് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമില്ല കാണിച്ചു കൊടുത്താൽ മതി കാണും അതുപോലെ അന്വേഷിക്കുന്ന ആളിൽ അന്വേഷകനിൽ തന്നെ അശ്രദ്ധ കൊണ്ട് മാത്രം കാണപ്പെടാതെ കിടക്കുന്നതായ സത്യത്തിനെ ബോധം വരുത്തുവാനായി മാത്രമാണ് പുറത്തൊരു ഒന്നിലയാൾ നോക്കുന്നില്ല അല്ലെങ്കിൽ അയാൾക്ക് കണ്ണിന് കുഴപ്പമുണ്ട് കണ്ണിന് കുഴപ്പമുണ്ടെങ്കിൽ കണ്ണ് ശരിയാക്കാൻ വേണ്ടി ചികിത്സ ചെയ്യണം അതുപോലെയാണ് ജപം ചെയ്യൂ പ്രാണായാമം ചെയ്യൂ നിഷ്കാമ കർമ്മയോഗം അനുഷ്ഠിക്കൂ എന്നൊക്കെ പറയണത് ഈ കണ്ണു തുറക്കാനുള്ള വിദ്യയാണ് കണ്ണ് ശരിക്ക് തെളിഞ്ഞുണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താൽ ഉടനെ കാണണം കാണണില്ലെങ്കിൽ ഇയാളുടെ ഇൻസ്ട്രുമെന്റിൽ എന്തോ കുഴപ്പമുണ്ട് അപ്പൊ സാധനമൊക്കെ തന്നെ ഇൻസ്ട്രുമെന്റ് ശുദ്ധം ചെയ്യാനാണോ തടസ്സം നീക്കാനാണ് തടസ്സമൊന്നുമില്ലെങ്കിൽ ശ്രവണം കൊണ്ട് മാത്രം ഭഗവാൻ കിട്ടുന്ന വസ്തുവാണ് ഒന്നും വേണ്ട ഭാഗവതം തന്നെ അങ്ങനെ പറയുന്നു ശുശ്രൂഷി തക്ഷണാത് ശുശ്രൂഷി എന്നുവെച്ചാൽ ശ്രവണം ചെയ്യാൻ ഇച്ഛിക്കുന്നവർക്ക് ഭക്തിയുള്ളവർക്ക് ശ്രവണഭക്തി ഉള്ളവർക്ക് സദ്യ അപ്പത്തന്നെ ഫ്രം ദാറ്റ് വെരി മൊമെന്റ് ഹൃദയവരുദ്ധ്യത്തെ അത്ര ഹൃദയത്തിൽ അവരോധനം ചെയ്യപ്പെടും പ്രകാശിക്കും അനുഭവപ്പെടും ശുശ്രൂഷി ബിഹി തണാത് കേൾക്കുന്നവർക്ക് കേൾക്കുന്ന ക്ഷണത്തിൽ അതുകൊണ്ടാണ് ഗുരുവിന് ദേശികൻ എന്ന് പറയണത് ഈ വിരൽ ദേശിനിന്നാണ് അങ്ങനെ കാണിച്ചു കൊടുക്കണത് അതുപോലെ കാണിച്ചു വസ്തുവിനെ സൂചിപ്പിക്കുക ഇൻഡിക്കേറ്റ് ഇൻഡിക്കേഷൻ ആ ഇൻഡിക്കേഷൻ കൊണ്ട് കണ്ടോളണം അങ്ങനെ കാണാൻ വേറെ ഒരു വിദ്യയും വേണ്ട അതിന് തയ്യാറാണെങ്കിൽ പക്വമാണെങ്കിൽ അതുകൊണ്ട് തന്നെ ആത്മവിദ്യ ഏറ്റവും എളുപ്പമാണ് ഏറ്റവും സിംപിളാണ് കാരണം അതിനൊരു പ്രവൃത്തിയും ചെയ്യാനില്ല സുൽമാനതനുവിൻ കർമാതി ശിരിതിൻ്റെ സുമ അമർന്ന അകത്തിൽ ആത്മ ജ്യോതിയേ ഇരാത് ഭീതിയേ നിതാണുഭൂതിയേ ഇൻപ അമ്പോധിയേ അപ്പറ ഐ അതിസുലഭം ആത്മവിത്തെ അയ്യേ അതിസുലഭം കർമാദിക ജന്മാദി നഷ്ടമിഴ എൻ മത്തനിലും ഇൻമാർഗം മിക്കളിത് കൊൽമാനത കർമാതി സിരി സുമ്മാ അമർന്ന അം്മാ അകത്തിൽ ആത്മ ജ്യോതിയേ ഇരാത് നിതാനുഭൂതിയേ എത്ര സുലഭമാണ് ഈ വിദ്യ എന്നാണ് പറയുന്നത് എന്താ അതിന്റെ സൗലഭ്യം കിട്ടിയിട്ടുള്ളതാണ് ഇനി കിട്ടേണ്ടതൊന്നുമല്ല പ്രവർത്തിച്ചു കിട്ടി നേടിയെടുക്കേണ്ടതൊന്നുമല്ല നേടിക്കഴിഞ്ഞിരിക്കുന്നു കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അശ്രദ്ധ കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള വസ്തു അനുഭവപ്പെടുന്നില്ല ശ്രദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സത്സംഗത്തിന്റെ ജോലി അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ സാധനകളിലും വെച്ച് ഏറ്റവും ഉയർന്ന സാധനയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സത്സംഗം എന്നുള്ളത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഒരു ഉയർന്ന സത്സംഗത്തിൽ ശ്രവണത്തിന് നമ്മളെ പക്വപ്പെടുത്താനാണ് ശ്രവണം വേദാന്തത്തിൽ ശ്രവണം ഏറ്റവും വലിയ സാധനയാണ് ശ്രുതി ഉപനിഷത്തെ തന്നെ പറയുന്നത് അരേ അയമാത്മാ ദ്രഷ്ടവ്യ മൈത്രേയിയോട് യാജ്ഞവൽക്കയ മഹർഷി തന്റെ ഭാര്യ മൈത്രേയിയോട് പറഞ്ഞു അരേ മൈത്ര ഡോ മൈത്രൈ അയമാത്മാ ദ്രഷ്ടവ്യ ഈ ആത്മാ കാണപ്പെടേണ്ടതാണ് എങ്ങനെ കാണും ശ്രോതവ്യോ മന്ത്വ്യോ നിധിധ്യാസിതവ്യ ആദ്യം ശ്രവണം ചെയ്യൂ ഈ ആത്മാവിനെ കേൾക്കുകയും കേട്ടിട്ട് അനുഭവപ്പെടുന്നതിനെ ധ്യാനിച്ചുറപ്പിക്കുകയും ചെയ്യൂ തിങ്ക് റിഫ്ലക്ട് മെഡിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ധരിക്കുന്നത് അതിനാൽ ബുദ്ധിയുടെയും മനസ്സുകൊണ്ടും ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെയല്ല ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ അല്ലാ പറയണത് സത്സംഗത്തിൽ അനുഭവപ്പെടുന്നതായ ബോധം ശബ്ദത്തിന് അനിർവചനീയമായ ഒരു ശക്തിയുണ്ട് ആ ശബ്ദം കേൾക്കുന്ന മാത്രത്തിൽ പ്രത്യഭിജ്ഞയെ ഉണ്ടാക്കും കേൾക്കുന്ന മാത്രത്തിൽ പക്വുമായിട്ടുള്ള ആൾക്ക് പ്രത്യഭിജ്ഞ ഉണ്ടാവും എന്നുവെച്ചാൽ ശബ്ദത്തിൽ നമ്മളെ ബോധിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമ്മളിൽ അതിനെ അറിയണമെന്ന തീവ്രമായ ബുമുക്ഷുണ്ടെങ്കിൽ എന്നുവെച്ചാൽ സത്യം കണ്ടെത്താനുള്ള ദാഹം സത്യം നമ്മളിൽ തന്നെ ഇരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യുമെങ്കിൽ പറയുമ്പോ തന്നെ നീ തന്നെയാണ് ആ സത്യം എന്ന് പറയുമ്പോ തന്നെ ആ സത്യം ശ്രദ്ധിക്കപ്പെടും പരീക്ഷത്തിനും ശ്രീശുഖബ്രഹ്മ മഹർഷി ഉപദേശിക്കുന്നത് ശ്രവണസാധനയാണ് കാരണം ബാക്കിയുള്ള സാധനമൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സമയമില്ല ഏഴാമത്തെ ദിവസം ശരീരം ഉപേക്ഷിക്കാൻ പോണ ആൾക്ക് വേറെ എന്ത് സാധനം പറഞ്ഞു കൊടുക്കും ഇന്നലെ പറഞ്ഞ പോലെ നാപ്പത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ നൂറ്റിയെട്ട് ദിവസം ജപം ചെയ്യൂ എന്ന് പറയാൻ നിർത്തിയില്ല പരീക്ഷത്തിന് പരീക്ഷത്തിനെ ശ്രവണം കൊണ്ട് തന്നെ പക്വപ്പെടുത്തി അവസാനം പരീക്ഷത്തിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന വൈകുണ്ഠത്തിനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം പരമപദം പരീക്ഷത്തിന് കാണിച്ചു കൊടുത്തു ശ്രീസുഖബ്രഹ്മഹർഷി പുറത്തെവിടെയുമല്ല തന്നിൽ തന്നെ ബ്രഹ്മം അഹം എന്ന അനുഭവ രൂപത്തിൽ ഇരിക്കുന്നതായി കാണിച്ചു കൊടുത്തു ഇതൊക്കെ നമ്മളുടെ ശാസ്ത്രങ്ങളിൽ അന്തസ്സത്തെയായി നിഗൂഢമായി ഒളിഞ്ഞുകിടക്കുന്ന വിഷയങ്ങളാണ് ഈശ്വരോ ഗുപ്തബോധ എന്നാണ് മഹിഷികളൊക്കെ കൂടെ പട്ടമഹിഷികളൊക്കെ കൂടെ കൃഷ്ണനെ സ്തുതിച്ചു പാടുന്നതാണ് രശമസ്കന്ധത്തിൽ കുരതി വിലപസിദ്രാനശേഷെ എന്ന് തുടങ്ങി ഭാഗവതത്തില് ഓരോ സ്ത്രീകളായിട്ട് കൃഷ്ണനെ പാടും രുക്മിണീദേവി തൊട്ട് തുടങ്ങി ഓരോരുത്തരായിട്ട് കൃഷ്ണനെ പാടി അതിൽ പറയാണ് ഈശ്വരൻ ആരാണ് ഈശ്വരോ ഗുപ്തബോധ്വരോ ഗുപ്തബോധ ഉള്ളിൽ ഗുപ്തമായിട്ടിരിക്കുന്ന ബോധരൂപത്തിലുള്ള ഈശ്വരനാണല്ലോ നമ്മളുടെ മുമ്പിൽ ഈ വേഷം കെട്ടി നമ്മളുടെ ഭർത്താവിനെ പോലെ അവിടെ നടുവിലിരിക്കണത്തെ മാർക്കണ്ടയ്യൻ സ്തുതിക്കുമ്പോ പറഞ്ഞു ആത്മനി ഗൂഢബോധം തന്നിൽ ഗൂഢമായി ദറ്റ് ഹിഡൺ അവസ് അപ്പൊവണത്തില് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അരുണാചലത്തിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ത്വ്യരുണാചലസർവം ഭൂത്വ സ്ഥിത്വ പ്രലീനമേതച്ചിത്രം ഹൃദി അഹമിതി നൃത്യസിഭോപത്തിൽ സ്വയം പ്രകാശിക്കുന്നു അവിടുന്ന് നർത്തനം ചെയ്യുന്നു തേ വീ ഹൃദയം നാമം ഹൃദയം എന്ന് അങ്ങക്ക് പേർ വണം ചെയ്യുമ്പോ തന്നെ ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വൈകുന്നേരം ഭഗവത്ഗീതയിൽ കാണും ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയേണാധിഗതി എന്ന് ഇന്ന് വൈകുന്നേരം നമ്മൾ കാണും ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം സാധനാവാൻ എന്ന് പറഞ്ഞില്ല സാധന ചെയ്യുന്നത് ആത്മസാക്ഷാത്കാരത്തിന് ഡയറക്റ്റ് ആയിട്ട് കാരണമല്ല ശ്രദ്ധയെ ഉണർത്തി വിടുന്നതു മൂലം ഇറ്റ് ഇസ് അൻ ഇൻഡയറക്ട് കോസ് ജപം നാമസങ്കീർത്തനം ഭജനം എല്ലാം ഇതുകൊണ്ടൊക്കെ പക്വപ്പെട്ട് അതുകൊണ്ട് മുഖ്യമായി എന്ത് നടക്കുന്നു എന്ന് വെച്ചാൽ പുറം വിഷയങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കാതാവുകയും പുറത്തു നിന്നുള്ള വിഷയങ്ങൾ അകത്ത് അകത്ത് ഓൾറെഡി ഉള്ളത് കുറച്ചു കുറച്ചായി പുറത്തു പോവുകയും നാടികളൊക്കെ ശുദ്ധമാവുകയും ചിത്തം തെളിയുകയും ചെയ്യുന്നത് മനസ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന അവിദ്യാശക്തിയുടെ ബലം കുറയുമ്പോൾ ശ്രദ്ധ ഉണരും കഴിക്കുന്ന ആഹാരം സ്ഥൂലഭാഗം മലമായും മധ്യഭാഗം മാംസമായും സൂക്ഷ്മഭാഗം മനസ്സായും പരിണമിക്കുന്ന അന്നം സാധകന്റെ ഉള്ളിൽ ഏറിയ ഭാഗവും ബലമായി മാറി പ്രാണനായി മാറി പ്രാണൻ കൊണ്ട് ബലമുണ്ടായി ബലം തപസ്സായി മാറി തപസ് ശ്രദ്ധയായിട്ട് മാറും ഋഷികൾ അതുകൊണ്ട് അന്നെ വളരെ വാഴ്ത്തത്യാദിത്യസ്തപതി താഭർജോ വർഷത്തി പർജന്യോഷധിവനസ്പതയ പ്രയേധിവനസ്പതിരന്ന അന്നാഹ പ്രാണൈർബല ബലേന തപസ് തപസ്രദ്ധാ ശ്രദ്ധയാധയാ മനീഷാമീഷയാ മനോ മനസാ ശാന്തി ശാന് ചിത്തം ചിത്തേന സ്മൃതി സ്മൃത്യാസ്മാരഗസ്മാരേണ വിജ്ഞാനം വിജ്ഞാന ആത്മാനം വേദയതി സൂര്യൻ പ്രകാശിക്കുന്നു സൂര്യപ്രകാശം കൊണ്ട് മഴ മഴ കൊണ്ട് ഓഷധിവനസ്പതയ പ്രജ എന്ത് ഉണ്ടാകുന്നു അതിൽ നിന്നും അന്നമുണ്ടാകുന്നു അന്നം കഴിച്ച് പ്രാണൻ ഉണ്ടാകുന്നു പ്രാണനിൽ നിന്നും ബലമുണ്ടാകുന്നു ബലം കൊണ്ട് തപസ് ചെയ്യുന്നു തപസ് ശ്രദ്ധ ഉണരുന്നു ശ്രദ്ധ പതുക്കെ പതുക്കെ പതുക്കെ പക്വപ്പെട്ട് വിജ്ഞാനമായി ആത്മാവിനെ അനുഭവപ്പെടുത്തി ശ്രദ്ധ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഡയറക്ട് ആയിട്ട് നമ്മളിൽ തന്നെ ഉള്ള അഹംബോധത്തിനെ ബ്രഹ്മമെന്ന് അനുഭവിക്കും ശ്രവണം കൊണ്ട് മാത്രം അനുഭവിക്കും ശ്രവിക്കുമ്പോ തന്നെ ശ്രദ്ധ സ്വരൂപത്തിൽ വീഴും അറ്റൻഷൻ സ്വരൂപത്തിൽ വീഴും അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ കണ്ണിലൂടെയും ചവിയിലൂടെയും മൂക്കിലൂടെയും നാവിലൂടെയും ത്വക്കലൂടെയും മനസ്സായിട്ട് പുറമേക്ക് പ്രവഹിച്ചു അതേ ശക്തി തന്നെ ഉൺമുഖപ്പെടുമ്പോൾ അന്തർമുഖപ്പെടുമ്പോൾ കേന്ദ്രത്തില് സെന്ററിൽ അനുഭവത്തിനെ ശ്രദ്ധിക്കും അനുഭവത്തിനെ ശ്രദ്ധിക്കുമ്പോ ആദ്യം കാണുന്നത് ഞാൻ എന്ന വികാരമാണ് ആ വികാരമാണ് നമ്മൾ നടുവിൽ വി ആർ നമ്മള് നമ്മളെ തടസ്സം ചെയ്യുന്നത് ആ വികാരമാണ് ആ വികാരം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന മൂലസ്ഥാനത്തിനെ ഹൃദയം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു ഹൃദയത്തിൽ നിന്നും അഹങ്കാരം പൊന്തുന്നു ഹൃദയത്തിൽ അഹങ്കാരം ലയിക്കുന്നു അഹങ്കാരം പൊന്തുകയും ലയിക്കുകയും ചെയ്യുന്ന അവിടെ തന്നെയാണ് പ്രാണനും ഉദിക്കുകയും ലയിക്കുകയും ചെയ്യുന്നത് അപ്പോ മഹായോഗം എന്ന സാധന അതാണ് അടുത്ത വിഷയം ഭഗവാനോടേക്ക് പറയുന്നത് ആദ്യം അഹമഹമെന്നു ഉള്ളിൽ അനുഭവപ്പെടുന്നത് ഭഗവാൻ തന്നെയാണെന്ന് അറിയണം അതറിയണമെങ്കിൽ ജീവൻ ഒരുപാട് യാത്ര ചെയ്ത് പക്വപ്പെടണം അതിൽ വിശ്വാസവും ശ്രദ്ധയും വരണമെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടേ ആ അദ്വൈതവാസന ഉണ്ടാവുള്ളൂ ഈശ്വരാനുഗ്രഹാദേവപുംസാം അദ്വൈതവാസന മഹദ്ഭയപരിത്രാണാദി വിപ്രാണാമുപജായ എന്ന് അവധൂതഗീതയില് ദാത്രേയൻ പറയാണ് ഈശ്വരാനുഗ്രഹാദേവപുംസാമൈതവാസന എന്നാണ് എത്രയോ ജന്മങ്ങളിലുള്ള ഭഗവാന്റെ അനുഗ്രഹ വിശേഷമാണ് ഒരു ജീവൻ അദ്വൈതവാസന ഉണ്ടാവണത്തത് അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അതിലൊരു രുചി അതെന്ത് ചെയ്യുന്നു ക്രമേണ മഹത്ഭയപരിത്രാണം വലിയ ഭയത്തിൽ നിന്നും ദ്വൈതം എപ്പോഴും ഭയത്തിനകാരുടെ ആ ഭയത്തിൽ നിന്നും ഈ ജീവനെ രക്ഷിക്കുന്നു അപ്പൊ ഇപ്പൊ ഇവിടെ ഈ ശ്രദ്ധാശക്തി ുള്ളിലുള്ള ചിത്രത്തിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന അഹങ്കാരത്തിനെ പിടിച്ചുകൊണ്ടാണ് അകമയ്ക്ക് പോകുന്നത് ഇത് മഹായോഗം എന്ന് ഭഗവാൻ തന്നെ ഇതിനെ വിശേഷിപ്പിച്ചു ഉദിക്കും ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ നാനുദിക്കും സ്ഥാനമത നാടാമൽ നാനുദിയാ തന്നിഴപ്പ സാർവദേവൻ ഉള്ളതിനാൽ ിംപിളാ ആത്മ സാക്ഷാത്കാരം എന്നത് അപടി ഭഗവാൻ ചല് ഉള്ള നില നാം അതുവായി ഉള്ള നില ഇത്ര സിമ്പിൾ മലയാളത്തിൽ നമുക്ക് മനസിലാവും കേട്ടാ തന്നെ മനസ്സിലാവും നാൻ ഉതിയാതുള്ള നില നാം അതുവായുള്ള നില ഏതെന്നൊന്നും പറഞ്ഞില്ല അതിന് പേരൊന്നും പറഞ്ഞില്ല അതുവായിട്ടുള്ള സ്റ്റേറ്റ് സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നാൻ ഉദിയാതെ ഉള്ള നില നാം അതുവായുള്ള നില ശരി അതെങ്ങനെ പ്രാപിക്കും നാനുദിക്കും സ്ഥാനമത നാടാമൽ നാൻ ഉദിയ തന്നിഴപ്പർവദേവൻ അഹങ്കാരനാശം തന്നെയാണ് മോക്ഷം അഹങ്കാരനാശം തന്നെയാണ് ആത്മസാക്ഷാത്കാരം അഹങ്കാരനാശം തന്നെയാണ് ഭക്തി അഹങ്കാരനാശം തന്നെയാണ് രാജയോഗം എല്ലാം അഹങ്കാരനാശത്തിനാണ് സിദ്ധാന്തികൾ തന്നിഴപ്പ് എന്ന് തമിഴില് പറയണത് തന്നിഴപ്പ് ബാക്കിയൊക്കെ ചെയ്യാം പക്ഷെ ഈ ചെയ്യുന്ന ആളവിടെ ബാക്കി നിൽക്കും തന്നിഴപ്പൈ സാർവദേവൻ ആ തന്നിഴപ്പ് വരാനായി നാനുദിക്കും സ്ഥാനമതൈ നാട് അതെങ്ങനെയാ ചെയ്യ കെനറ്റിൽ ഒരു വസ്തു വീണിട്ടുണ്ടെങ്കിൽ ശ്വാസമടക്കി പിടിച്ച് കെനറ്റിൽ ആഴ്ന്നു മുങ്ങി അന്വേഷിക്കുന്ന പോലെ പേച്ചു മൂച്ചടക്കിക്കൊണ്ടുള്ളെ ആഴുന്തറിയ വേണ്ടും അറി കൂപേയഥാ ഗാഠലെ തഥാ അന്തർയജ്യ ബുദ്ധ്യാ ശിതയാതാന്തം പ്രാണം ചാചം ചിയമ്യ ചിന്വൻ വിന്തേ അഹങ്കൃതി മൂല രൂപം നീരിൽ വിഴുന്ത പൊരുൾ കാണവേണ്ടി മുഴുകുതൽ പോൽ കൂർന്ത മതിയാൽ പേച്ചു മൂച്ചടക്കിക്കൊണ്ടുള്ള ആഴന്തറിയ വേണ്ടും ഒരു വെള്ളത്തിൽ വീണ വസ്തു എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എങ്ങനെ ആഴ്ന്നു മുങ്ങും മുങ്ങി എങ്ങനെ അന്വേഷിക്കും അതുപോലെ ഉള്ളിൽ ആഴ്ന്നു മുങ്ങി എന്തിനെയാ അന്വേഷിക്കുന്നത് ആത്മാവനെയല്ല അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിക്കൂന്നാണ് ഞാൻ എന്ന് അഹങ്കാര സ്ഫൂർത്തിയെ അന്വേഷിക്കുക ഈ സാധനയ്ക്ക് വീട്ടില് പരസ്പരം സത്സംഗം കേൾക്കുന്നവർക്കൊക്കെ ഒരു സഹായം ചെയ്ത് കൊടുക്കാം ഭർത്താവ് എന്തെങ്കിലുമൊക്കെ എനിക്കറിയില്ലേ ആ ഞാൻ എവിടെ ഒന്ന് എന്ന് പറയാം അപ്പൊ കാണും കുട്ടികളാണ് പറയുന്നത് എന്ന് വച്ചാൽ അമ്മയ്ക്കോ അച്ഛനോ പറയാം അതെവിടെയാ ഒന്ന് ശ്രദ്ധിക്കൂ എന്താ ഈ ചലിക്കണത് ഞാൻ ഞാൻ ഞാൻ പറയും എനിക്കറിയാം പരസ്പരം കണ്ണാടി പോലെ പ്രവർത്തിക്കാം അപ്പോ ഈ ചലനത്തിന് സ്പന്ദനത്തിന് ശ്രദ്ധിക്കാം ഞാൻ പറയണു മുകൾക്ക് എന്ന് പറയുമ്പോ ശ്രദ്ധിക്കൂ നമ്മൾ ആ പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ കംപ്ലീറ്റ് ഗ്രാസ്പിലാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല ആരെങ്കിലും ഒരാള് ആ അറ്റൻഷൻ സ്വിച്ച് അപ്പൊ ഓൺ ചെയ്തത് തന്നാൽ ശ്രദ്ധിക്കും അങ്ങനെ കോൺസ്റ്റന്റ് വിജിലൻസ് ഒരാൾക്കുണ്ടെങ്കിൽ ഇത് ഉദിക്കുകയേ ഇല്ല വിജിലൻസ് ഇല്ലാത്ത അതാണ് ഉത്തിഷ്ഠത ജാഗ്രത ആദ്യ ഉത്തിഷ്ഠത എന്ന് വെച്ചാൽ അറിയൂ ഈ വസ്തുവിനെ രണ്ട് വീണ്ടും വീണുപോവാതിരിക്കാൻ അതാണ് ക്ഷുരസ്യധാരാ നിഷിതാ ദുരത്യ വാഴ്ത്തലയിൽ നടക്കുന്ന പോലെയാണെന്ന് തോന്നുന്നത് വീണ്ടും അതിലേക്ക് വീഴാതെ ദൃശ്യത്തിൽ വീഴാതെ ദൃക്കിൽ ജാഗ്രതയായിട്ട് നിൽക്കുക അതാണ് ജാഗ്രത അവ്യക്തഭാവൈരഹങ്കൈ വിരജഹോമം ചെയ്യുമ്പോ മന്ത്രത്തിലൊന്നാണ് ഞാൻ വ്യക്തമായ അഹങ്കാരം പോകണം വിരജാ വിപാത്മാഭൂയാസ എന്ന് ആഹുതി അർപ്പിക്കും ഇതൊക്കെ സന്യാസത്തിന് വിരജ ഹോമം ചെയ്തിട്ടാണോ ഒരാളെ സന്യാസിയാക്കുക പക്ഷെ ഇതൊക്കെ സിംബോളിക്ക് ആണ് അതുകൊണ്ടൊന്നും സന്യാസി ആവില്ല ഈ വിരജഹോമ മന്ത്രത്തിനെ ഒരാള് അബ്സോർബ് ചെയ്ത് ആ വിരജഹോമത്തിൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഇയാളിൽ വന്നാൽ അയാൾ കാഷായി കൊടുത്തിട്ടില്ലെങ്കിലും സന്യാസിയാവും രജഹോമത്തില് എന്തൊക്കെ സംശുദ്ധിയാണ് ഒരാളിൽ വരേണ്ടത് എന്നൊക്കെ ഉണ്ട് അതിൽ പറഞ്ഞു വ്യക്ത അഹങ്കാരം അവ്യക്ത അഹങ്കാരം അൺകോൺഷ്യസ് ഈഗോ എനിക്കറിയാതെ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അഹങ്കാരം അതിൽ നിന്നുമൊക്കെ ഭഗവാൻ ഞാൻ ശുദ്ധമാവട്ടെ അതൊക്കെ എന്നെ വിട്ടുപോവട്ടെ അതിനൊക്കെ ഈ വിചാരജ്ഞാനം എന്നുള്ള അഗ്നി ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കണം വിചാരജ്ഞാനം എന്ന വെളിച്ചമുള്ളിൽ വീശിക്കൊണ്ടേയിരിക്കണം ദൈനംദിന ജീവിതത്തിൽ അതെരിഞ്ഞുകൊണ്ടേയിരിക്കണം ഓരോ വ്യവഹാരത്തിലും ജാഗ്രതയോടുകൂടെ ഈ സാക്ഷിഭാവം അവലംബിച്ച് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അഹമിതി കുത ആയാതി അന്വിഷ്യ അന്തപ്രവിഷ്ടയാ അത്യമലധിയാം അവഗമ്യ രൂപം അങ്ങയിൽ നദീ സമുദ്രത്തിൽ ചേരുന്ന പോലെ ചേരുന്നു അരുണാചലത്തിന്റെ സ്വരൂപം എന്താ നിരഹങ്കസ്വരൂപമാണ് ഈശ്വര സ്വരൂപം എവിടെ അഹങ്കാരമുദിക്കുന്നില്ലയോ ആ അഹങ്കാരമുദിക്കാത്ത സ്ഥിതി തോന്നാത്ത സ്ഥിതി ഞാനെന്ന ഭാവം അത് വേണമിഹ ആ തോന്നാത്ത സ്ഥിതിയാണ് ഭഗവത് സ്വരൂപം എന്നുള്ളത് അല്ലാതെ ഭഗവാന് പ്രത്യേകിച്ച് ഒരു സ്വരൂപമൊന്നുമില്ല ഭഗവാന്റെ സ്വരൂപമുണ്ട് ആ സ്വരൂപത്തിനെ മറയ്ക്കുന്നത് ഞാൻ പ്രത്യേക വ്യക്തിബോധമാണ് ആ വ്യക്തിബോധം ഉദിക്കാതെ ഇരിക്കുമെങ്കിൽ ദക്ഷിണാമൂർത്തി ഒരു അസുരനെ ചവിട്ടിലിട്ട് ചവിട്ടി പിടിച്ചിരിക്കുന്നത് കാണും തല ഉന്തിക്കാൻ അനുവദിക്കാതെ അതുപോലെ ജ്ഞാനിയുടെ ഹൃദയത്തിൽ അഹങ്കാര ഉദിക്കാൻ അനുവദിക്കാതെ ജ്ഞാനം അതിനെ അമർത്തിക്കളയുന്നു അത് അടങ്ങിപ്പോകുന്നു ഇല്ലാതായിട്ടിരുന്നു ആ ഇല്ലാതായിട്ടിരുന്നതാണ് ഭഗവത് സ്വരൂപം അതിന് അതെപ്പോന്തു പൊന്തുവോ അപ്പപ്പോ ശ്രദ്ധയാവുന്ന കണ്ണുകൊണ്ട് ഉള്ളിൽ അതിനെ ശ്രദ്ധിക്കുന്നതാണ് മഹായോഗം എല്ലാ യോഗത്തിന്റെയും ഹൃദയം ഇതായത് കൊണ്ട് ഇതിന് പേര് ഇത് പ്രത്യേകിച്ചൊരു യോഗമല്ല ഈ യോഗമില്ലെങ്കിൽ ജപം ചെയ്താലും നിങ്ങൾ ഭക്തി ചെയ്താലും നാമസങ്കീർത്തനം ചെയ്താലും ഉപനിഷത്തുകളൊക്കെ പഠിച്ചാലും രാജയോഗം ചെയ്താലും കർമ്മയോഗം ചെയ്താലും എന്തൊക്കെ തന്നെ ചെയ്താലും ഈ യോഗം അതിന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ അതൊക്കെ തന്നെ വെറും വേഷം കെട്ടായിട്ട് പോകും ഈ യോഗം ഭക്തി കൊണ്ട് സഹജമായിട്ട് വരും പക്ഷെ ആ ഭക്തി ശരിയായ ഭക്തിയായിരിക്കണം എന്ന് മാത്രം എങ്ങനെയെന്ന് വെച്ചാൽ എത്ര അഹങ്കാരി ആണെങ്കിലും അയാളെക്കാളും ഉയർന്ന ഒരു മണ്ഡലത്തിൽ തനിയടങ്ങും എത്ര പ്രബല അഹങ്കാരിയാണെങ്കിലും ഓഫീസിൽ പോയി സുപീരിയർ ഓഫീസറുടെ മുമ്പിൽ പോയി എസ് എസ് ആർ എന്ത് ചീത്ത പറഞ്ഞാൽ എസ് ആർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അയാൾക്ക് ഹി നോസ് ഹൗ ടു കൺട്രോൾ ഹിസ് അത് ഉദിക്കാൻ കാരണം നിവൃത്തിയില്ലാത്തത് കൊണ്ട് അതൊക്കെ അടക്കി പിടിച്ച് നിൽക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭാര്യ ഇട്ട് നാല് അവിടെ വരുമ്പോഴേക്കും പൊന്തും ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെ വരുന്നു നാച്ചുറലായിട്ട് അറിയുന്നു അതേപോലെ ഭക്തന് എപ്പോഴും ഭഗവാന്റെ സന്നി സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമെങ്കിൽ ആ സാന്നിധ്യത്തിൽ ഇവന്റെ അഹന്ത ഉയരുകയേ ഇല്ല കാരണം എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഞാൻ പൊന്തും എങ്ങനെ ഞാൻ ഉദിക്കും ഞാൻ ഉദിക്കാത്ത സ്ഥിതി സഹജമായിട്ട് വരും ഗുരു സാന്നിധ്യം ഈശ്വര സാന്നിധ്യം ഈ സാന്നിധ്യം ഉള്ളിൽ സദാ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സാന്നിധ്യം ആ പ്രസൻസ് ആ സന്നിധി സന്നിധിയിൽ നമ്മൾ തനിയെ അടങ്ങും അതും നാച്ചുറലാണ് അപ്പോ അഹമിതി കുതഹ ആയാതി അന്വിഷ്യ അന്ത പ്രവിഷ്ടയാ ഉള്ളിൽ പ്രവേശിച്ച ബുദ്ധി കൊണ്ട് നമ്മൾക്കൊന്നും പ്രവേശിക്കണില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഹൃദാമനീഷ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഹൃദാ മനീഷ യയേനം വിദുഹു അമൃതാസ്തേ ഭവന്തി ഹൃദയത്തിൽ പ്രവേശിച്ച ബുദ്ധി കൊണ്ട് ഇതിനെ അറിയുന്നവർ അമൃത സ്വരൂപികളായിട്ട് തീരുമെന്ന് പറയണം നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അത്യമലധിയെന്ന് ഭഗവാൻ പറഞ്ഞു എക്സ്ട്രീമലി പ്യുവർ ഇന്റലിജൻസ് എക്സ്ട്രീമിലി പ്യുവർ ബുദ്ധി അത്യമലധിയ അത്യമലബുദ്ധി എന്ന് വെച്ചാൽ എന്താർത്ഥം ബുദ്ധി എങ്ങനെ ശുദ്ധമാവും ഭക്തി കൊണ്ട് ശുദ്ധമാവും ഭക്തി കൊണ്ട് വിരക്തി കൊണ്ട് ശുദ്ധമാവും ജ്ഞാനവിചാരത്തിന് ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് മൂന്നും ചേർന്നേ ആയുർവേദത്തിലെ സഹജമായിട്ടുള്ള ഒരു ടോണിക് ആണ് ത്രിഫല മൂന്ന് ഫലങ്ങളാണ് നെല്ലിക്ക താന്നിക്ക കടുക്ക മൂന്നും പൊടിച്ച് ചേർത്ത് ത്രിഫലുണ്ടാക്കിയിട്ട് കഴിച്ചാൽ പവാദവിത്തങ്ങൾ സമമാവും വയറൊക്കെ നല്ല ശുദ്ധമാവും അതുപോലെ ജ്ഞാനത്തിലൊരു ത്രിഫല വേണം ഭക്തി ജ്ഞാനം വൈരാഗ്യം ഈ മൂന്ന് ഫലങ്ങളും ഭക്തിഫലം ജ്ഞാന ഫലം വൈരാഗ്യഫലം മൂന്ന് ഫലങ്ങളും കൂടിയതാണ് നിഗമകൽപ്പതരോർ ഗളിതം ഫലം ഇത് മൂന്നും വേണം ഇത് മൂന്നും സമാസമമായി പൊടിച്ചു ചേർത്ത് കഴിക്കാം വൈരാഗ്യം വേണം ജ്ഞാനം വേണം ഭക്തി വേണം മൂന്നും കൊണ്ടും പക്വുമായ ഹൃദയത്തില് എളുപ്പത്തിൽ മനസ്സ് അന്തർമുഖമാകും ആ മനസ്സ് ശുദ്ധ ബുദ്ധിയാണ് ആ ബുദ്ധി നൂല് അല്പം അവിടെ അവിടെ പൊന്തിയിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ ഉള്ളിൽ കൂടെ കടക്കില്ല നമ്മൾ എത്ര കടത്താൻ ശ്രമിച്ചാലും അവിടെ മുട്ടി നിൽക്കും അതുപോലെ ഏകാഗ്രമായി ബുദ്ധി ശുദ്ധമായി തീരുന്നത് ഇതൊക്കെ സമസമമാകുമ്പോൾ നല്ല ബാലൻസ്ഡ് ആകുമ്പോൾ അത്യമലമായി തീരുന്ന ബുദ്ധി എളുപ്പത്തിൽ ഞാൻ എന്ന വിചാരത്തിന് തയ്യാറാവും അപ്പോ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് പൊന്തുണു എന്നുള്ളതൊക്കെ അതീവ രസകരമായ ആനന്ദകരമായൊരു പ്രക്രിയയായിട്ട് മാറും സ്വം രൂപം അവിടെ അഹമിനാശവാദി അഹമഹന്തയാഫുരതിഹത് സ്വയം പരമപൂർണസത് അഹമിനാശവാദി അഹങ്കാരം നശിക്കുമ്പോ തന്നെ പരമപൂർണ സത് അവിടെ പ്രകാശിക്കും വ്യക്തിബോധ ഇല്ലാതായാൽ പൂർണ്ണബോധം ഉണ്ടാവും അഹങ്കാരം അഹം സ്ഫൂർത്തി അഹംബോധം ഇതാണ് മൂന്ന് നമ്മള് സാധാരണ ഇരിക്കുന്നത് അഹങ്കാരം ശരീരമാണ് ഞാൻ എന്ന് ധരിച്ച് ശരീരം മാത്രമായി തന്നെ അറിഞ്ഞിരിക്കുന്നവൻ തികച്ചും അഹങ്കാരിയാണ് സാധകനായിത്തീരുമ്പോ പതുക്കെ പതുക്കെ പതുക്കെ ഞാൻ എന്നുള്ളത് ശരീരത്തിൽ നിന്നും വേർ പിരിഞ്ഞു വരും നാഡീശുദ്ധിയുണ്ടാവും ഞാൻ എന്നുള്ളത് അല്പ അല്പ അല്പം സ്വതന്ത്രമായി അനുഭവിച്ചു തുടങ്ങും അത് കൂടുതൽ കൂടുതൽ കൂടുതൽ തെളിഞ്ഞ് തൈര് കടയുമ്പോൾ വെണ്ണപെരിഞ്ഞു വരുന്ന പോലെ പെരിഞ്ഞു വരാൻ തുടങ്ങി ശുദ്ധ അനുഭൂതിയായി കോൺഷ്യസ്നെസ് ചിത്തായിട്ട് ജ്വലിച്ചു തുടങ്ങുമ്പോൾ ചിത് ഉള്ളിൽ അനുഭവിച്ചു തുടങ്ങുമ്പോൾ അതിന് അഹം സ്ഫൂർത്തി എന്ന് പേര് അതിനെ ചിദ്വിലാസം എന്ന് പേര് അതാണ് ശക്തിയുടെ മണ്ഡലം അതാണ് ലളിതാ സഹസ് നാമത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചിതഗ്നി കുണ്ഠ സംഭൂത ചിതഗ്നി കുണ്ഠത്തിൽ ഉണ്ടായവളാണവൾ അവൾ ആരാണ് ചിശക്തി ഹി വിദ്യാസ്വരൂപിണി ശാരദ आशक्ति अहंकाराफूर्ति चयन विमुक्त उपाधिदोष विमुक्त उपाधि विटर्वे उलपर उपाधिया नीकर തന്നെ ഞാൻ എന്നുള്ള അഹങ്കാരം അഹം സ്ഫൂർത്തിയായി അനുഭവപ്പെടും ആ അഹം സ്ഫൂർത്തിയുടെ മണ്ഡലത്തിൽ ജഗത്ത് മുഴുവൻ അതിൻ്റെ സ്വരൂപമായി സ്പന്ദിക്കുന്നത് കാണാം നമ്മളുടെ ശരീരത്തിൽ ഓരോ കോശത്തിലും ഈ അഹം ഉണ്ടെന്ന് നമുക്ക് കാണാം അതാണ് നമ്മളുടെ സെന്റർ എന്ന് നമ്മൾ കാണുകയും ആനന്ദിക്കുകയും ധ്യാനിക്കുകയും സമാധി അനുഭവിക്കുകയും ഒരുപക്ഷെ ഭഗവത് രൂപങ്ങൾ നമ്മൾ എന്തൊക്കെ പൂർവ്വ ഉപാസന ചെയ്തിട്ടുണ്ടോ ആ ഉപാസനാമൂർത്തികളുടെയൊക്കെ ദർശനം ഉണ്ടാവുകയുമൊക്കെ ചെയ്യാം ക്രമേണ ശാമ്യതി അരുണാചല ശമിക്കുമെന്നാണ് എല്ലാം അടങ്ങും നദികൾ സമുദ്രത്തിൽ അടങ്ങുന്ന പോലെ ഈ അന്വേഷണം ഈ ആത്മവിചാരവും ഉള്ളിലടങ്ങും ആത്മവിചാരം നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുമ്പോ അതിനെ ജീവൻ ഇല്ലാത്ത പോലെ തോന്നും ഞാൻ ആരാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് തുടർന്ന് ചോദിക്കുക എന്നല്ല ജപസാധനയെ പറഞ്ഞല്ലോ അതുപോലെ ജപം ചെയ്തുകൊണ്ടേ ജപം ഒരു മിനിറ്റ് നിർത്തിയിട്ടും ഈ ജപിക്കുന്ന ആൾ ആരാണ് എന്നൊന്ന് ചോദിച്ചു നോക്കുക അവളിൽ ആരാ ജപിക്കുന്ന ഈ ജപം ചെയ്യുന്ന ആൾ ആരാ ഞാൻ ജപിക്കും ഈ ഞാൻ ആരാണ് ഞാൻ എന്താണ് മനസ്സ് അല്പ അടങ്ങുകയും ഞാൻ എന്നുള്ളതിന്റെ മൂലാന്വേഷണത്തിൽ വ്യാപൃതമാവുകയും ചെയ്യും കുറച്ചുനേരം നിക്കും പിന്നെയും ചിത്തവൃത്തികൾ പിന്നെയും ജപിച്ചു തുടങ്ങുക ഈ കുളത്തിലൊക്കെ നീന്താൻ പഠിക്കുമ്പോ ഒരു ട്യൂബ് വെച്ചുകൊണ്ട് കുറച്ചുനേരം പോകും എന്നിട്ട് ട്യൂബ് വിട്ടിട്ട് കുറച്ചുനേരം നീന്തും ക്ഷീണിച്ചു വേണ്ട ട്യൂബിൽ വന്നിരിക്കും മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ജപം ഒരു ട്യൂബ് പോലെയാണ് പിടിച്ചുകൊള്ളാം ചിത്തത്തിനെ ഒന്ന് ഉപശമിപ്പിക്കാൻ അത് സഹായിക്കും അല്പമൊന്നും നിർത്തി ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് തുടർന്ന് വിചാരം ചെയ്യുക അതിന് ജീവൻ വെക്കുന്നവരെ ഈ വിചാരത്തിനെ ഉള്ളിൽ രമണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസമെങ്കിലും വെച്ചുകൊണ്ട് ആ ബലമെങ്കിലും വെച്ചുകൊണ്ട് തുടർന്ന് ചെയ്യുക ആ ശ്രദ്ധ ഉണ്ടെങ്കിൽ പതുക്കെ അതിന് ജീവൻ വയ്ക്കും ഞാൻ എന്താണ് ഞാൻ ആരാണ് പതുക്കെ ഞാൻ ആരാണെന്നുള്ളത് വെറും ഒരു ചോദ്യവും മാനസികമായൊരു വിചാരവും അല്ലാതെ ഫാക്ച്വൽ ആയിട്ട് യു വിൽ സ്റ്റാർട്ട് സീയിങ് ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു തുടങ്ങും നമ്മൾ ശരിക്ക് അതിനെ ജീവൻ വെച്ചു അപ്പോ ഈ പറഞ്ഞ രീതിയിൽ അഹങ്കാരം അഹംസ്പൂർത്തിയായും ക്രമേണ അഹംബോധമായി ശമിക്കുകയും ചെയ്യും ശമനമുണ്ടാകും ഉള്ളിൽ ഉള്ളില് അന്വേഷിച്ചു പോയ ആളില്ലാതാവും ആനമൊഴുങ്ങിന ബ്ലാമ്പഴം പോലെ ആകും മൃഗനാഥ സ്വാമികൾ കൊടുക്ക എക്സാം ആന ബ്ലാമ്പഴം അത് കൊള്ളേതെല്ലാം പോയിടുമോ വെളിയിൽ പാത്ത ബ്ലാമ്പഴം അപേക്കും ആ ഉള്ളതെല്ലാം പോയി കൊട്ടമാത്രം വെളിയിലെടുക്കും വിളാമ്പഴം എടുക്കും എങ്കില മധ്യകേരളത്തിൽ ഒന്നും ഈ പൊടാമ്പഴം കാണാറില്ല കപിത്തം എന്ന് പറയുന്ന പഴം പാലക്കാട് സൈഡ് കാണും നല്ല ക്രിക്കറ്റ് ബാഡ് പോലെ ഉണ്ടാവും കണ്ട അതിനെ ആന വിഴുങ്ങിട്ട് വിസർജനം പുറത്തു വരുമ്പോ അതേപോലെ ഉണ്ടാവും അത്ര പക്ഷെ പൊട്ടിച്ചു നോക്കിയ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഉള്ളിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ടാവും എന്നാണ് അതുപോലെ ഉള്ളിൽ ഈ അന്വേഷണം ആഴ്ന്നു പോകി പ്രവർത്തിക്ക ആന വിഴുങ്ങിയവിടെ ആമ്പഴം പോലെ ഉള്ളില് ആസാമി പോയി സാമി മാത്രം താ എടുക്കും ആസാമിരിക്ക ുള്ളിലെ വ്യക്തിത്വം പോയി നിത്യത്വം സത്തം ഈശ്വരസ്വരൂപം മാത്രം അവശേഷിക്കും അതാണ് ശാമ്യതി അരുണാചല ത്വ നദീവ് നദി സമുദ്രത്തിലടങ്ങുന്ന വണ്ണം ഹേ പ്രഭു അങ്ങയില് അടങ്ങുന്നു ശമിക്കുന്നു അതിന് ഒരു ഉപസാധനയായിട്ട് യോഗമാർഗത്തിന് ഭഗവാൻ പറഞ്ഞു അടുത്ത ശ്ലോകത്തിൽ താഹ്യം രുദ്ധമനസീരുഷയം ബാഹ്യം വലിയടക്ക നെ ധ ധ്യാനിത്ത് ഒളി കാണും യോഗി ഉന്നിൽ ഒളി കാണും ഉന്നിൽ ഉയർന്ന വെളിവിടയം വിട്ടു വിളങ്ങും അരുണേഷക്ക നമത യോഗി ഒളി കാണും ഉന്നിൽ ഉന്നിൽ ഉയർവ് ചെയ്തു താനേ അരുൾ നിറൈവാന അമുതക്കടലേ വരികതിരാവും വിഴുങ്ങും അരുണഗിരി പരമാത്മാവേ കിളരുളപ്പൂരിളപ്പൂ ന്രിപരുതിയായി വിളങ്ങു ചിത്തിരമാമിതെല്ലാം ചെമ്മലയേനെ ഉത്തിതമായി നേ ഒടുങ്ങിടുമൽ നിത്യമും നാൻ ഇതയം നടിത്തിടുവയൽ ഉൻപേർ താൻ ഇതയമെന്റിടുവർത്താം അഗമുഖമാറന്ത അമലമതി തന്നാൽ അഹം ഇത് താൻ എങ്കു എഴും ആയതേ അഹ ഉരുവൈ നനു അറിന് മുൻീർ നദി പോലും ഓയുമേ ഉൻ കൺ അരുണാചലനേ ഓർ വെളിവിടയം വിട്ടു വിളങ്ങും അരുണേശാം വഴികടക്കും മനത്താൽ ഉളമതിൽ ഉന്നെ ധ്യാനിത്ത് യോഗി ഒളി കാണും ഉന്നിൽ ഉയരു ഈതുൺ ഉന്നിടത്തിൽ ഒപ്പുവത്ത ഉള്ളത്താൽ എപ്പോഴും ഉന്നെ കണ്ടെല്ലാം ഉണ്ുരുവായ് അന്നിയം ഇൽ അൻപു ചെയ്യും അന്നോൺ അരുണാചലാ ഇൻപുരുവാം ഉന്നിൽ ആൾന്ദേ വെളിവിടയം വിട്ട് വിളങ്ങും അരുണേഷ തെക്വാ വിഷയം ബാഹ്യം പുറമേക്കുള്ള വിഷയങ്ങളെ പുറമേക്ക് നിർത്തി ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയില് പറയുന്നു മനസ്സ് പ്രസന്നമായാൽ ആത്മവിചാരം ചെയ്യാൻ പറ്റൂ മനസ്സെപ്പോ പ്രസന്നമാവും ബാഹ്യേ നിരുദ്ധേ മനസ്സപ്രസന്നത മനഃപ്രസാദേ പരമാത്മദർശനം വിമുക്തിക്കുള്ള പദവി മാർഗം എന്താണ് പ്രസന്നത മനസ് പുറമേക്ക് അലയുന്നത് കുറയുന്തോറും മനസ്സ് പ്രസന്നമാവും മനഃപ്രസാദേശനം മനസ്സ് പ്രസന്നമായാൽ പരമാത്മദർശനം ഉണ്ടാകും പരമാത്മദർശനം പൂർണമാകുമ്പോ നല്ലവണ്ണം കണ്ടു കഴിയുമ്പോ ഭവബന്ധനാശ സംസാര ബന്ധ വിച്ഛിത്തി ബഹിർനിരോധ പദവി വിമുക്തി അതുകൊണ്ട് ബാഹ്യ ചലനമാണ് മുക്തിക്കുള്ള പദവി വഴി ഗതി അപ്പൊ ഈ ബാഹ്യനിരോധം ക്ഷ്യേ ബ്രഹ്മണിമാനസം ദൃഢധരം സംസ്ഥാപ്യാഹ്യേന്ദ്രിയേ വിനിവേശ്യ നിശ്ചലതൂ ഉപേക്ഷ്യേഹസ്ഥിതി ഞാനെന്ന അനുഭവത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ബാഹ്യേന്ദ്രിയം സ്വസ്ഥ വിനിവേശ്യ നിശ്ചലതന്ദ്രിയങ്ങളെയൊക്കെ അതാത് സ്ഥാനത്തിൽ നിർത്തി ശരീരം അല്പം പോലും ചലിക്കാതെ എഴുത്തിക്കൊണ്ട് ഉപേക്ഷദേഹസ്ഥിതി ദേഹസ്ഥിതിയെ മറന്നുകൊണ്ട് ഞാൻ എന്ന അനുഭവത്തിനെ അന്തർമുഖമായി ആരായുക േറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം ആ കണ്ണുകളഞ്ചും ഉള്ളടക്കലാണ് തെക്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന് പ്രാണൻ എന്ന് വച്ചാൽ പ്രാണൻ മാത്രമല്ല നമ്മളിലുള്ള ഓരോ മൂമെന്റും ഓരോ ചലനവും പ്രാണനാണ് അഹങ്കാരം നിരോധിക്കപ്പെട്ടാൽ പ്രാണൻ നിരോധിക്കപ്പെട്ടു എനർജി സെന്ററാണത് രുദ്ധപ്രാണേനെ രുദ്ധമനസ് പ്രാണനടങ്ങുമ്പോൾ മനസ്സും അടങ്ങും ധ്യായൻ പശ്യീ യോഗി അകമേക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന യോഗി തന്നിൽ കാണുന്നു എന്ത് കാണുന്നു ഒരു വെളിച്ചം കാണുന്നു എന്നാണ് ദീതി ദീതി വെച്ചാൽ വെളിച്ചം ണു ഒരു വെളിച്ചം കാണുന്നു തന്റെ ഉള്ളിൽ തൃക്വാ വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാ തയൻ പശ്യതി യോഗി ദീധിതി അരുണാചല ് ഹൃദയ പ്രണിതാനേജ്യാനമ്യജ്യോതിസ്വരുപി ചിത്യ ചിത് പ്രകൂമാണ സംയമവാൻ യോഗി അന്തരാത്മധ്യാന महत्ता कलुषितस्य ജ്യോതി പശ്യത്തി സാ മഹത്താഹ്യകളുഷ്യ മനസുഖത്യസംഗശുദ്ധി കിഷയസംഗ പ്രധ്വംസാതി അതേ രുദ്ധപ്രാണനേത്യുക്ത അപക്വപുരുഷേച്ഛാതന്ത്രോവതി തനുധാവതി മനസ്സ പ്രാണരോധേന വിഷയാൻ നിവൃത്തി ആഹാരനിയന്ത്രണം കൊണ്ടും പ്രാണൻ നിയന്ത്രിക്കപ്പെടും അവരെ നിയതാഹാരാഹ പ്രാണാൻ പ്രാണേഷു ജുഹി എന്ന് ഇന്ന് വൈകുന്നേരം കാണാം നമുക്ക് ആഹാരം നിയന്ത്രിക്കപ്പെടുമ്പോ ആഹാരം അല്പമാകുമ്പോൾ പ്രാണൻ പ്രാണനെ ഭക്ഷിച്ചു തുടങ്ങും പ്രാണൻ സംശുദ്ധമായി തുടങ്ങും അങ്ങനെയും പ്രാണരോധം സാധിക്കാം അല്ലെങ്കിൽ പ്രാണന്റെ ബലം ആശ്രയിച്ചു കൊണ്ട് മനസ്സ് ബഹിർവിഷയങ്ങളിൽ പോയിക്കൊണ്ടിരിക്കും അങ്ങനെയല്ലാതെ അന്തർമുഖമായ മനസ്സോടുകൂടെ വാക്കും പ്രാണനും അടക്കി വാക്കും പ്രാണനും ഒന്ന് തന്നെ പ്രാണന്റെ രൂപമാണ് വാക്ക് വാക്കിൻ്റെ സൂക്ഷ്മ രൂപമാണ് പ്രാണൻ അതുകൊണ്ട് വാക്കുപയോഗിക്കുമോറും പ്രാണൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നമുക്ക് ഒരുപാട് എനർജി പോകും ശബ്ദത്തിലൂടെ അപ്പൊ വാചം ചാണഞ്ച നിയമി ചിന്മന് പ്രാണവും പ്രാണനും വാക്കും നിയമനം ചെയ്ത് നിജ അഹങ്കൃതി മൂല രൂപം അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോ അഹങ്കാരം ഉദിക്കുമിടത്തിൽ അടങ്ങിയിരിക്കും അത് ഉദിക്കുന്ന അടങ്ങും ഉദിക്കുന്ന സ്ഥലത്തില് അത് അടങ്ങുന്ന സ്ഥലത്ത് ഒരു വെളിച്ചം കാണുന്നു ആ വെളിച്ചം ആ ജ്യോതി അത് സ്വയം പ്രകാശമാനമായ ജ്യോതിയാണ് അത് ചിപ്രകാശമാണ് അല്ലാതെ ബാഹ്യമായ ജഡപ്രകാശമല്ല ആ ചിപ്രകാശം അഹമിരുളല്ല ഇരുളാകിലന്ധരായി നാം അഹമഹമെന്ന് അറിഞ്ഞിടാതിരുന്നിടേണം അറിവതിനാൽ അഹമിരുളല്ല അഹമെന്ന അനുഭവം സ്വയം പ്രകാശമാണ് ജ്ഞാനം ജേയം ജ്ഞാനഗമ്യം ഹൃദയം എന്ന് ഭഗവത്ഗീത അതെല്ലാ വെളിച്ചത്തിനും വെളിച്ചമായ വെളിച്ചമാണ് ആ വെളിച്ചം തന്നിൽ കാണുന്ന യോഗിതി ുള്ളിൽ വെളിച്ചം കണ്ട് ഭഗവാന്റെ മഹിമയെ കാണും ഇയം തേ മഹി ഇത് ഭഗവാന്റെ ചിപ്രകാശ ഭൂമികയാണ് ഇവിടെ ഭഗവാന്റെ മഹിമയെ ആ യോഗി കാണുന്നു അയാൾ പിന്നെ ആ മഹിമയിൽ പ്രതിഷ്ഠിതനും ആവുന്നു ഉപനിഷത്ത് പറയുന്നു സ്വേ മഹിംനി പ്രതിഷ്ഠിതാ തൻ്റെ തന്നെ മഹിമയിൽ പ്രതിഷ്ഠിതനാവുന്നു അങ്ങനെ യോഗ സാധനം പറഞ്ഞ് നീ അടുത്ത ശ്ലോകത്തിൽ പുരുഷോത്തമ യോഗം അല്ലെങ്കിൽ ഭക്തിയുടെ പരമ കാഷ്ട ജഗത് മുഴുവൻ ഭഗവത് സ്വരൂപമായി കാണുക എന്നുള്ള ഉയർന്ന ജീവൻ മുക്തന്റെ ജ്ഞാനിയുടെ അനുഭവത്തിനെയാണ് പറയുന്നത് അത് നമ്മളെ നാളെ കാണും ഓ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലി കച്ചിപ്പടി മയക്കുവിട്ടുരു പടും വിത്തെ കാരുണാചലാം നീരായുരു കണ്ണീരാൻ അരുണാചലാം തള്ളി വിടുമു വൈതുരെ ൊല്ലാല്ലൊനി ചുംരുണാചലാംിയായ ചും ഉറങ്ങി ചൊൽവേരൻ ഗതി അരുണാചലാംൗര്യം കാട്ടിനെ ശ്രീ ചലിയാതിരുതായ അരുണാചലാം മലിയർ കേടാനുരുതീയൽ നാടി നരുണാചലാ ഞാനമില്ലാതും ആശയത്തളർ വര ഞാനം തെരിത്തരുളരുണാചലാ നിമിറപോൽ നീയുമലന്തേ നേർ നരുണാചലാം തനയൂത്രമിതുരുണാചല തേ താണേ തൊവമിതനൈ തേക്കാട്ടു വരുണാചല തിരുമ്പി അഹം തനൈദി നമക ന്ദ്രണാച്ച അരുണാ ചല ശിവ അരുണാ ചല ശിവ അരുണാ ചല ശിവ അരുണാച്ച അരുണാ ചല ശിവ അരുണാ ചല ശിവ അരുണാ ചല ശിവ അരുണാച്ച